അധ്യായം ഇരുപത്തിരണ്ട് യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൌലിന്റെ കൈയിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ യഹോവ എന്റെ ശൈലവും എൻ കോട്ടയും എന്റെ രക്ഷകനും അകുന്നു എന്റെ പാറയായ ദൈവം അവനിൽ ഞാൻ ആശ്രയിക്കും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും എന്റെ സംകേദവും തന്നെ എന്റെ രക്ഷിതാവെ നീയെന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു സ്തുത്യനായ യഹോബയെ ഞാൻ വിളിച്ചപേക്ഷിക്കും എന്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും മരണത്തിന്റെ തിരമാല എന്നെ വളഞ്ഞു ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു പാതാള പാശങ്ങൾ എന്നെ ചുഴന്ന് മരണത്തിന്റെ കണികൾ എന്റെ മേൽ വീണു എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു എന്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കെട്ടു എന്റെ നിലവിളി അവന്റെ ചെവികളിൽ എത്തി ഭൂമി ഞെട്ടിവിറച്ചു ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു അവൻ ആകാശം ചായച്ചിറങ്ങി കൂരിരുൾ അവന്റെ കാൽക്കീഴുണ്ടായിരുന്നു അവൻ കെരൂപിനെ വാഹനമാക്കി പറന്നു കാറ്റിൻ ചിറകിൻമേൽ പ്രത്യക്ഷനായി അവൻ അന്ധകാരം തനിക്കു ചുറ്റും മണ്ഡപമാക്കി ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ തീക്കനൽ ജ്വലിച്ചു യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു അവൻ അസ്ത്രം എയ്ത് അവരെ ചിതറിച്ചു മിന്നലഴിച്ച് അവരെ തോൽപ്പിച്ചു യഹോവയുടെ ഫത്സനത്താൽ തിരുമൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ കടലിന്റെ ചാലുകൾ കാണായി വന്നു ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ അക്രമിച്ചു എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു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 അകൃത്യം ചെയ്യാതെ എന്നെത്തന്നെ കാത്തു യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണവും അവന്റെ കാഴ്ചയിൽ എന്റെ നിർമ്മലതയ്ക്കൊത്തവണ്ണവും എനിക്ക് പകരം നൽകി ദയാലുവോട് നീ ദയാലു നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു വക്രനോട് നീ വക്രത കാണിക്കുന്നു എളിയ ജനത്തെ നീ ടക്കുന്നവരെ താഴ്ത്തേണ്ടതിന് നീ ദൃഷ്ടിവയ്ക്കുന്നു യഹോവി നീ എന്റെ ദീപം ആകുന്നു യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും എന്റെ ഞാൻ മതിൽ ചാടിക്കടക്കും ദൈവത്തിന്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന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 നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു നിന്റെ സൌമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി നരിയാണികൾ വഴുതിപ്പോയതുമില്ല ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്നൊടുക്കി അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല അവർക്ക് എഴുന്നേറ്റുകൂടാതെ വണ്ണം ഞാൻ അവരെ തകർത്തൊടുക്കി അവർ എന്റെ കാൽക്കീഴിൽ വീണിരിക്കുന്നു യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി ചുറ്റും നോക്കിയെങ്കിലും രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല യഹോവയെങ്കിലേക്ക് നോക്കി അവൻ ഉത്തരം അരുളിയതുമില്ല ഞാൻ അവരെ നിലത്തിലെ പൊടി പോലെ പൊടിച്ചു വീഥികളിലെ ചെളിയെപ്പോലെ ഞാൻ അവരെ ചവിട്ടി ചിതറിച്ചു എന്റെ ജനത്തിന്റെ കലഹങ്ങളിൽ നിന്നും നീ എന്നെ വിടുവിച്ചു ജാതികൾക്കെന്നെ തലവനാക്കിയിരിക്കുന്നു ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കും അവർ കേട്ട മാത്രയ്ക്ക് എന്നെ അനുസരിക്കും അന്യജാതിക്കാർ ക്ഷയിച്ചു തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചുകൊണ്ട് വരുന്നു യഹോവ ജീവിക്കുന്നു എൻ പാറ വാഴ്ത്തപ്പെട്ടവൻ എൻ രക്ഷയുടെ പാറയായ ദൈവം ഉന്നതൻ തന്നെ ദൈവം എനിക്കുവേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു അവൻ ശത്രുവശത്തുനിന്ന് എന്നെ വിടുവിക്കുന്നു എന്നോട് എതിർക്കുന്നവർക്കും മീതെ നീ എന്നെ ഉയർത്തുന്നു സാഹസക്കാരന്റെ കൈയിൽ നിന്ന്